അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം അധ്വാനിക്കുന്ന പ്രായത്തിലെത്തിയപ്പോൾ പറഞ്ഞു എന്റെ മകനെ ഞാനൊരു സ്വപ്നത്തിൽ നിന്നെ ഞാൻ അറക്കുന്നതായി കാണുന്നു അതിനാൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് പറയുക അവൻ പറഞ്ഞു എന്റെ പിതാവേ താങ്കൾക്ക് നൽകപ്പെട്ട കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുക അള്ളാഹുസുബഹാനുഭൂവത്തെ ആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുന്നവരിൽ എന്നെ താങ്കൾ കണ്ടെത്തും